അധ്യായം പതിനാറ് ആബിബു മാസം ആചരിച്ച് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ കൊണ്ടാടണം ആബിബു മാസത്തിലല്ലോ നിന്റെ ദൈവമായ ഹോവ രാത്രിയിൽ നിന്നെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചത് യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ ഹോവയ്ക്ക് പെസഹായാഗമായി ആടുകളെയും മാടുകളെയും അറുക്കേണം നീ മിശ്രയിം ദേശത്തുനിന്ന് പുറപ്പെട്ട ദിവസത്തെ നിന്റെ ആയിഷ്കാലമൊക്കെയും ഓർക്കേണ്ടതിന് അതിനോടുകൂടെ പുളിച്ചപ്പം പിന്നരുത് നീ കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്തയപ്പം ഏഴു ദിവസം തിന്നേണം തത്രപ്പാടോടുകൂടിയല്ലോ നീ മിശ്രീം ദേശത്തുനിന്ന് പുറപ്പെട്ടത് ഏഴു ദിവസം നിന്റെ ദേശത്തെങ്ങും പുളിച്ചപ്പം കാണരുത് ആദ്യ ദിവസം വൈകുന്നേരം അറുത്തമാംസത്തിൽ ഒട്ടും രാവിലേക്ക് ശേഷിക്കരുത് നിനക്ക് തരുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് കൂട നിന്റെ ദൈവമായ ഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തുവെച്ചു മാത്രം സന്ധ്യാസമയത്ത് നീ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട നേരത്തു തന്നെ സൂര്യനസ്തമിക്കുമ്പോൾ പെസഹെ അറുക്കേണം നിന്റെ ദൈവമായ ഹോവ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തുവച്ച് അതിനെ ചുട്ടു തിന്നേണം രാവിലെ നിന്റെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാം ആറു ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം ഏഴാം ദിവസം നിന്റെ ദൈവമായ ഹോവയ്ക്ക് സഭായോഗം കൂടേണം അന്ന് വേലയൊന്നും ചെയ്യരുത് പിന്നെ ഏഴ് ആഴ്ചവട്ടം എണ്ണേണം വിളയിൽ അരിവാളിടുവാൻ ആരംഭിക്കുന്നതു മുതൽ ഏഴ് ആഴ്ചവട്ടം എണ്ണണം എന്നിട്ട് നിന്റെ ദൈവമായ ഹോവയ്ക്ക് വാരോത്സവം ആചരിച്ച് നിന്റെ ദൈവമായ ഹോവ നിന്നെ അനുഗ്രഹിച്ചതിന് തക്കവണ്ണം നിന്റെ സ്വമേധാദാനങ്ങൾ അവന് അർപ്പിക്കണം നിന്റെ ദൈവമായ ഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തു വച്ച് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവിനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം നീ മിശ്രൈമിൽ അടിമയായിരുന്നു എന്ന ഓർത്ത് ഈ ചട്ടങ്ങൾ പ്രമാണിച്ച് നടക്കണം കളത്തിലെ ധാന്യവും ചക്കിലെ വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ നീ ഏഴു ദിവസം കൂടാര പെരുന്നാൾ ഈ പെരുന്നാളിൽ നീയും നിന്റെ മകനും മകളും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള േവിനും പരദേശിയും അനാഥനും വിധവയും സന്തോഷിക്കണം യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തു വച്ച് നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഏഴു ദിവസം പെരുന്നാൾ ആചരിക്കണം നിന്റെ അനുഭവത്തിലൊക്കെയും നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ ഹോവ നിന്നെ അനുഗ്രഹിക്കും അതുകൊണ്ട് നീ വീണ്ടും വണ്ണം സന്തോഷിക്കണം നിന്റെ ദൈവമായ ഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാരപ്പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം അവന്റെ സന്നദ്ധിയിൽ വരേണം എന്നാൽ യഹോവയുടെ സന്നദ്ധിയിൽ വെറും കൈയായി വരരുത് നിന്റെ ദൈവമായ ഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തൻ താന്താന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരേണം നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന എല്ലാ പട്ടണങ്ങളിലും ഗോത്രം തോറും ന്യായാധിപതിമാരെയും പ്രമാണികളെയും നിയമിക്കണം അവർ ജനത്തിന് നീതിയോടെ ന്യായപാലനം ചെയ്യണം ന്യായം മറിച്ചുകളയരുത് മുഖം നോക്കരുത് സമ്മാനം വാങ്ങരുത് സമ്മാനം നാനികളുടെ കണ്ണ് കുരുടാക്കുകയും നീതിമാന്മാരുടെ കാര്യം മറിച്ചുകളയുകയും ചെയ്യുന്നു നീ ജീവിച്ചിരുന്ന് നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് നീതിയെ തന്നെ പിന്തുടരേണം നിന്റെ ദൈവമായ ഹോവയ്ക്ക് നീ പണിയുന്ന യാഗപീഠത്തിനരികെ യാതൊരു അശേരാ പ്രതിഷ്ഠയും പ്രതിഷ്ഠിക്കരുത് നിന്റെ ദൈവമായ ഹോവ വെറുക്കുന്ന ഒരു ശിലാസ്തംഭം നാട്ടുകയും അരുത്